ണിയുടെ സാക്ഷ്യം എന്ന വിഷയം അവതരിപ്പിച്ച് ഹൈദർ ഫൈലി പനങ്ങാകര സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു സാദരം ക്ഷണിക്കുന്നു അസലവലൈക്കും വരഹമല്ലാ വാത്ത والسلام على رسول الله وعلى الله الله وعلى الفائزين بعد بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد جاء يا അലഹമില്ലാഹിമീത്തുർജീം الناس കഥ അത്തുക്കും മൗളി ലത്തും മിർ റബ്ബിക്കും വഷിഫ ഉല്ലി മാഫി സുദൂർ വഹുദം വറഹമത്തുൽ മൗമിനീൻ സുതുക്കല്ലാ മൗലാൻ അലീൻ ആദരണീയരായ സാദാത്തുക്കള് പണ്ഡിതന്മാർ സ്നേഹിതന്മാർ സമയ പരിമിതിയിലൂടെ വലിയ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സന്ദർഭം നൽകിയ അള്ളാഹുവിന് ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു അൽഹദില്ല അലാഖുലി ഹാൽ ത്വരിയക്കത്ത് എന്ന ഈ വിഷയം അതിൻ്റെ തൈരീഫ് തത്തുഴു അഫ് ആലി നബീ സുല്ലാഹു അലഹി വസ്ലം ബിഹാ അതുപോലെ തത്തബ്ബുഴു അഹ്വാലിൻ നബി സല്ലാ വസ്ലം ഉൽ അമൽ ബിഹ എന്നൊക്കെ നിർവചിച്ചതായി കാണാം ത്വരീക്കത്ത് എന്ന് പറയുന്നത് ഈ നിർവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഷറഫ് ഉൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ അല്ലാഹി സുല്ലാ അലൈവിസ്ലമ തങ്കരുടെ ആ ചരിയ ജീവിതരീതി പരിശോധിച്ചുകൊണ്ട് അതനുസരിച്ച് അമൽ ചെയ്യുക എന്നതാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ വന്യരായ സയ്ദ് സൂചിപ്പിച്ചു ഇത് ഒരു പഠനവിഷയം ആക്കുക എന്നതിൽ കവിഞ്ഞ് അത് അമൽ ചെയ്യേണ്ടതാണ് എന്ന് അമൽ ചെയ്യുക റസൂൽൻ്റെ ജീവിത രീതി സെൽ സെബേലൻ നീ അന്വേഷിക്കണം സെൽ നീ അന്വേഷിക്കണം സബീലൻ ഒരു വഴി സബീൽ ത്വരീക്കത്ത് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് തന്നെ സാറഫി ഹി സയ്യതു സാദാദ് ഇവിടുത്തെ സാദാത്തുക്കരുടെ നേതാവായ റസൂൽഹി സല്ല അലലി സലമ തങ്ങൾ ഏതിലൂടെയാണ് സഞ്ചരിച്ചത് എന്ന് നീ അന്വേഷിച്ചറിയണം നീ മനസ്സിലാക്കണം അതനുസരിച്ചുകൊണ്ട് സിർ നീ സഞ്ചരിക്കണം എന്നാണ് അപ്പോൾ റസൂറുള്ള സഞ്ചരിച്ച പാത അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ വ്യക്തിജീവിതം കുടുംബജീവിതം സാമൂഹ്യരംഗം വിദ്യാഭ്യാസ മേഖല തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റസൂറുള്ള സഞ്ചരിച്ച പാത അന്വേഷിക്കണം എന്നിട്ട് അതനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നാം സ്വീകരിക്കണം അതാണ് ത്വരീക്കത്ത് അത് തന്നെയാണ് ശരീയത്തും അത് തന്നെയാണ് ഇസ്ലാമും എല്ലാം അതുതന്നെ ശരീയത്തും ത്വരീക്കത്തും തമ്മിൽ മുത്തലാസിമാനിയാണ് എന്ന് അതങ്ങനെ വേർപിരിഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റിയതല്ല ശരീയത്ത് എവിടെയുണ്ടോ അവിടെ ത്വരീക്കത്തുണ്ടാകും തെരീക്കത്ത് എവിടെയുണ്ടോ അവിടെ ശരീയത്തുമുണ്ടാകും ഫിഖഹാണ് അസാസ് നമ്മുടെ അടിത്തറ ഫിഖാണ് ഫിഖുഹിൽ തസവൂഫില്ലേ എങ്ങനെ നിസ്കരിക്കണം എന്ന് അതിൻ്റെ സുഹൃത്തുകളും ആദാബുകളും വിവരിക്കുന്ന ഫുഖഹാ അതിൻ്റെ ആത്മീയമായ വശം അതിൻ്റെ റൂഹിയിരിക്കുന്നില്ലേ ഹുഷോ ഹു തുടങ്ങി അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിലേക്ക് തിരിയുക അപ്പം നമ്മുടെ ഹൃദയം നേരത്തെ ഇവിടെ തസവൂഫ് എന്ന വിഷയം അവതരിപ്പിച്ചു സംസാരിച്ചപ്പോൾ കൽബ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട അവയവം എന്നാൽ അതെന്താണെന്ന് ആർക്കും അറിയുകയുമില്ല അതിന് നിർവചിക്കാനും കഴിയില്ല അതിൻ്റെ കുൻഹുഅത്ത് അള്ളാഹുവിന് മാത്രമേ അറിയൂ ലത്തീഫത്തുൻ റബ്ബാനിയത്തുൻ നുറാനിയത്വൻ എന്ന് പറഞ്ഞ ആ അവയവം അത് പെയിൻകായുടെ ആകൃതിയിലുള്ള ഒരു ലഹമു സനൗബരി നമ്മുടെ ഇടത്തെ രണ്ട് വിരൽ താഴെയാണ് അതിൻ്റെ കേന്ദ്രം ഇടത്തെ രണ്ട് വിരൽ താഴെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ ലഹമ് മാംസനിഷ്ഠമായ ആ ഹൃദയത്തെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് അത് നമ്മുടെ ചർച്ചാ വിഷയവും അല്ല ആ മാംസനിഷ്ഠമായ ഹൃദയത്തിൻ്റെ മർമ്മത്തിൽ ആ ലത്തീഫത്തു റബ്ബാനി അത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം അതേതാണ് ആ അവയവം ആ അവയവം നഷ്ടപ്പെട്ടാൽ മനുഷ്യ ജീവിതം തന്നെ നഷ്ടപ്പെടും തലച്ചോറ് നഷ്ടപ്പെ തലച്ചോറിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലും മനുഷ്യൻ ജീവിക്കും ചിലപ്പോൾ ബോധമുണ്ടാകൂലെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ആ ലത്തീഫത്തും റബ്ബാനി ആ ഹൃദയം നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതമില്ല അതോടുകൂടെ അവസാനിച്ചു അത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം നാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഇരുന്നു കൊണ്ട് നിമിഷം കൊണ്ട് നമ്മുടെ വീട് നമുക്ക് മനസ്സിലാക്കാലോ നമ്മുടെ വീടും പറമ്പും ആ വീടും പറമ്പും എല്ലാം നമുക്ക് മനസ്സിലാക്കാം ജിദ്ദാ പട്ടണം കണ്ട ഒരാൾക്ക് അബുദാബിയിലുള്ള ഒരാൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് അബുദാബിയും ജിദ്ദാ പട്ടണവും വീടും പറമ്പും തൊക്കെ കാണാലോ അതിൻ്റെ വിശാലതയും വ്യാപ്തിയും എത്രയാണെന്ന് പറയാൻ സാധിക്കുമോ കാരണം എല്ലാം അതിന് പാകമാണ് ജിദ്ദാ പട്ടണം ഒന്നിച്ച് ഈ കേരള സംസ്ഥാനത്തിൻ്റെ മാപ്പ് ഒന്നിച്ച് അവിടെ ഉൾക്കൊള്ളാൻ സാധിക്കും അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു അവയവം ആ അവയവത്തെ സംസ്കരിക്കണം ശുദ്ധീകരിക്കണം അതിൻ്റെ അത് മലീമസമായിരിക്കുകയാണ് അമ്പിയാക്കൾ ഇവിടെ വന്നത് ആ മലീമസമായ ആ അവയവത്തെ സംസ്കരിക്കുവാനാണ് അതാണ് കുറുകാൻ പറഞ്ഞത് അല്ലയോ മനുഷ്യരെ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു അല്ലാഹുവിംഗൽ എന്നുള്ള ഒരു ഉപദേശം നിങ്ങളുടെ ഹൃദയത്തിലുള്ളതിന് ഒരു ശമനവും ഒരു ഷിഫയും ർശനവും സന്മാർഗർശനം നാല് ഗുണമാണ് ഇവിടെ കുറുഖാൻ പറഞ്ഞത് ഇവിടെ നാല് ഗുണം ഇമാം ഫുദ്ദീൻ തങ്ങൾ അവരുടെ ഉൽ കബീറിൽ ഈ കാര്യങ്ങൾ വളരെ വിശദമായി പ്രതിപാദിച്ചു ചർച്ച നടത്തിക്കൊണ്ട് പറയുന്നു ഇവിടെ അലൈഹി തങ്ങളെ ഒരു തബീബുൽ നല്ല ഒരു സമർത്ഥനായ വലിയ ഒരു ത്വബീബ് ആ ത്ബീബിന്റെ സ്ഥാനത്താ നിർത്തിയത് ഒരു ത്ബീബിനെ സംബന്ധിച്ചിടത്തോളം ആ ത്വബീപ് രോഗിയെ സമീപിച്ചാൽ അവിടെ മൂന്ന് നാല് സ്വഭാവങ്ങൾ അദ്ദേഹത്തിൽ കാണും ആദ്യമായി രോഗിയുടെ അരികെ വന്നിട്ട് പറയും ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെഹി നടത്തും എംമാല എമ്പകി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നിരോധിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല ഇന്ന കാര്യങ്ങളൊന്നും ഭക്ഷിക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല തുടർന്നുകൊണ്ട് പറയും ഈ രോഗത്തിൽ എത്തിച്ചേർന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അനിൽ മർ ഈ രോഗത്തിൽ നീ എത്തിച്ചേർന്നിട്ടുള്ള ഈ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇത് പറഞ്ഞതിനു ശേഷം തുടർന്നുകൊണ്ട് ചെയ്യുന്നത് എന്താണ് അകത്തേക്ക് ഔഷധം കൊടുക്കും ഉള്ളിലേക്ക് ഔഷധം പ്രയോഗിക്കും ഈ ഔഷധം പ്രയോഗിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാകും ആ രോഗിക്ക് ശമനമുണ്ടാകും ആ ഹൃദയാ അതാണിവിടെയുള്ളത് അമ്പിയാക്കരുടെ തൊരീക്കെന്താ അമ്പിയാക്കന്മാരിവിടെ വന്നാൽ എന്താ ചെയ്യുന്നത് ഇവിടുത്തെ ഹൽക്കനോട് അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത മാല നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത ആ ദുശ്ശീലങ്ങൾ മുഴുവനും ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉപദേശിക്കുക ആദ്യമായി അതെല്ലാം ലഹിച്ചു ആ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് മനുഷ്യന്റെ ഹൽക്കിലേക്ക് ആ ഹൃദയത്തിലേക്ക് സൽ സ്വഭാവങ്ങൾ നേരത്തെ പറഞ്ഞ ഹൃദയം ആ ഹൃദയത്തിൽ അള്ളാഹുവിനെ പ്രവേശിപ്പിക്കുകയാണ് കൊലില്ലാ നീ അല്ലാ എന്ന് പറയണം ആ അല്ലാ എന്ന് പറയുന്നത് ഏതാ നേരത്തെ പറഞ്ഞ ലത്തീഫത്തു റബ്ബാനി ബോംബെയിൽ സഞ്ചരിക്കുന്ന നിസ്കാരത്തിന് നാം തെബീർത്തുൽ എഹ്റാം ചെല്ലിക്കഴിഞ്ഞാൽ ആ ബോംബെയിലും മദ്രാസിലും കുവൈത്തിലും അങ്ങനെ പല ഭാഗത്തും ആ ഹൃദയം ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് ആ ഹൃദയത്തിന് ശൂന്യാവസ്ഥയില്ലെന്നാണ് ആധുനിക മനഃശാസ്ത്ര വിഭാഗം പറയുന്നത് വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ ആ ഹൃദയത്തിനില്ല ആ ഹൃദയ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആ കോളിളക്കം ആ ചാഞ്ചാട്ടം ഇവിടെ അവസാനിപ്പിക്കണം ആ കോളിലും ബോംബെയിലും മദുരാശിയിലും കൽക്കത്തയിലും ഒക്കെ സഞ്ചരിക്കുന്ന ആ അവയവം ഉണ്ടല്ലോ അവിടെ നീ അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കണം അവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് അപ്പോൾ പിന്നെ ആ ഭാഗം ആ ഹൃദയം സഞ്ചരിക്കാ ഹൃദയം സംസാരിക്കുന്നത് അതിന്റെ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ദിക്രത്തിലൂടെ സഞ്ചരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ ഒന്നില്ല രണ്ട് ഹൃദയം ഒരാൾക്കില്ല അള്ളാഹു നൽകിയ ആ ഹൃദയത്തിൽ അള്ളാഹുവിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിലൂടെയാണ് സഞ്ചാരം ആ ഹൃദയം സദാ അള്ളാഹുവിനെ ചിന്തിക്കും അള്ളാഹു അല്ലാത്ത അന്യ ചിന്താ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് മനസ്സിലാക്കും നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ബഹുമാനപ്പെട്ടത് ബഹുമാനപ്പെട്ടു എന്നെ കണ്ടുമുട്ടി എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ഹന്തലിന്റെ വർത്തമാന അന്തിന്റെ സ്ഥിതി ഹന്തര പറഞ്ഞു വളരെ നല്ലതാണ് ഹന്തല പറഞ്ഞത് എന്താഫന്താ എന്റെ നല്ലതാണെന്നല്ല എന്നാണ് ഹന്തല പറഞ്ഞത് എന്താണാ പറഞ്ഞത് സുബഹാന എന്താണ് ഹന്തല എന്ന് സംഭവിച്ചു പോയത് ഹന്തല പറഞ്ഞു അബൂബക്കർ അലി അള്ളാഹുനുബിനോട് സുദ്ദീഖർ അലി അള്ളാഹുവനുപിനോട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നാം നബി കരീം സുല്ല അലിസ്ലമ തങ്ങരുടെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു തരും സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞുതരും നരകത്തെക്കുറിച്ച് പറഞ്ഞു തരും ഇതൊക്കെ റസൂലെന്ന് പറയുമ്പോൾ കൺമുമ്പിൽ നാം ഇവ കാണുന്നതിനോട് തുല്യം സ്വർഗം കാണുന്നതിനോട് തുല്യം നരകം കാണുന്നതിനോട് തുല്യം അള്ളാഹുവിനെ നാം കാണുന്നത് പോലെ നബി കരീബിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കുണ്ടാകുന്ന അവസ്ഥയാണല്ലോ മറിച്ച് ഫൈദൽ അവിടെ നിന്ന് വിട്ടുമാറി നാം നമ്മുടെ ഭാര്യമാരോടും നമ്മുടെ മക്കളോടും നമ്മുടെ പാടവും പറമ്പും നമ്മുടെ കൃഷികളുമായൊക്കെ നാം ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നസീനാ കസീറൻ ധാരാളം നാം മറന്നു നബി കരീബിന്റെ സാന്നിധ്യത്തിലുള്ള ആ പരിശുദ്ധാവസ്ഥ നമുക്കുണ്ടാകുന്നില്ലല്ലോ എന്ന് ഹൻസാർ അലി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ചിന്തിച്ചു ശരിയാണല്ലോ അന്നലെ പറയുന്നത് ശരിയാസൂർ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ അന്യ ചിന്തകളില്ലകൾ ആ ഹൃദയത്തിൽ വരുന്നില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മാത്രം പരലോകത്തെ കുറിച്ചുള്ള ചിന്ത മാത്രം സ്വർഗവും നരകവും മാത്രം അവിടെ വെട്ടിമാറി ഭാര്യ കുടുംബങ്ങളോടും ഒക്കെ ബന്ധപ്പെടുമ്പോൾ ധാരാളം മറന്നു കാപട്യമല്ലേ എന്നാണ് ഞാൻ കപട വിശ്വാസിയായി മാറി എന്ന സുഹാൻ അല്ലാ എന്ത് പറ്റി പോയി ഹന്തലാൻ പറഞ്ഞു അങ്ങയുടെ സാന്നിധ്യത്തിലാകുമ്പോൾ അവിടെ നിന്ന് നരകത്തെക്കുറിച്ച് പറയും സ്വർഗത്തെക്കുറിച്ച് പറയും ആഹൃത്തെയും അള്ളാഹുവിനെ കുറിച്ചും ഓർമ്മിപ്പിക്കും ഞങ്ങളിവയൊക്കെ കൺമുമ്പിൽ കാണുന്നതിനോട് തുല്യമാണ് ഇവിടെ വിട്ടുമാറിയാൽ അവസ്ഥ ഞങ്ങൾക്കുണ്ടാകുന്നില്ല ഇത് കാപഢ്യമല്ലേ അള്ളാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോ ഹന്തലയ്ക്ക് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഹന്തലാത്ത നിങ്ങൾക്ക് സദാ തുടരാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വഴികളിലും നിങ്ങളുടെ വിരിപ്പുകളിലുമൊക്കെ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്നുകൊണ്ട് നിങ്ങൾ ഹസ്തദാനം ചെയ്യും അത് ഉന്നതമായൊരു പദവിയാണ് അതിങ്ങനെ ഒരു സമയം അങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും മറ്റൊരു സമയം നിങ്ങളെ ശരീരത്തിൻ്റെ ഹക്കുകൾ പാലിച്ചു നിങ്ങൾക്ക് പോകേണ്ടി ഒരു ചെറിയ ഒരവസ്ഥ അവിടെ ഉണ്ടാകുമ്പോൾ ഒരു കഫലത്ത് ഇല്ലെങ്കിൽ ഈ ലോകം ഈ ജീവിതം മുന്നോട്ട് പോവുകയില്ല എന്നാണ് സൂളത പഠിപ്പിച്ചു കൊടുത്തത് ഇവിടെ ആ ഹൃദയത്തിന് ഇവിടെ നമുക്ക് പറഞ്ഞു തന്ന ആ ഹൃദയത്തിന് രണ്ടു ജിഹത്തുണ്ട് ഒന്ന് ആലമുൽ കുതുസിലേക്കുള്ള ഭാ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ഒരു ഭാഗം ഈ ആലമുഷഹാദയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ആലമുൽ കുതുസിലേക്ക് തിരിയുമ്പോൾ ആലമുഷഹാദയെ മറന്നുപോയാൽ അത് മലായിക്കത്തിന്റെ പദവികളിലേക്ക് എത്തും മറിച്ച് ചിന്തിക്കുമ്പോ ആലമുൽ കുതിസിലേക്കുള്ള ആ അവസ്ഥ മറന്നുപോയാൽ അതൊരു ജീവിയായി മാറും മനുഷ്യൻ അപ്പോൾ എന്തുണ്ടാകണം ഒരു ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് ആ ആലമുൽ കുതിസിലേക്ക് നീങ്ങുമ്പോഴും ഇത് വിടാൻ പാടില്ല ഒരു ഭാഗം ഈ ചിന്ത അത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം അത് വിടാതെ ആലമുൽ കുതിസിലേക്ക് നീങ്ങണം അതുപോലെ ആലമുൽ ഷഹാദയിലേക്ക് നീങ്ങുമ്പോൾ അതുംസിലേക്ക് ജിഹത്തുണ്ടല്ലോ അതും വിടാൻ പാടില്ല ഈ രൂപത്തിലൊരു മനുഷ്യന് നീങ്ങാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ശരിയായ രീതിയിൽ ശരിത്താണ് അതിൻ്റെ അസാസ് അടിത്തറ ആ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് വളരെ സംക്ഷിപ്തമായ ഒന്ന് രണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ഞാൻ പെട്ടെന്ന് നിർത്തും ഇവിടെ ആ ഹൃദയത്തിലേക്ക് കുലില്ലാ സുമുഹും എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കുന്നത് നമ്മുടെ ആ ഹൃദയത്തിലേക്ക് ആ ഹൃദയത്തിലേക്ക് ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് കടന്നു ആ ഹൃദയത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയോ അള്ളാഹുവിൻ്റെ ത്വരീക്കയിലേക്കുള്ള പ്രവേശനം ആണല്ലോ അല്ലാഹുവിലേക്കാണല്ലോ ഈ ഹൃദയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വാസിലാകുവാനാണ് ചേരുവാനാണ് അള്ളാഹുലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പരിപൂർണ ജ്ഞാനം അറിവ് വിജ്ഞാനത്തിൻ്റെ പടവുകളാണിത് ഓരോ പടവുകൾ ഇങ്ങനെ കടന്ന് കടന്ന് കടന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം ആ മഴരിഫത്ത് അതിലേക്ക് എത്തിച്ചേരുകയാണ് ഈ മനുഷ്യൻ ചെയ്യേണ്ടത് അപ്പോഴാണ് ഒരു ഇൻസാൻ ഉൽ കാമിൽ ഒരു പൂർണ്ണ മനുഷ്യൻ ആയിക്കൊണ്ടവൻ രൂപപ്പെടുന്നത് അത് ഹൃദയത്തിലൂടെയാണ് ആ പരിവർത്തനം ഉണ്ടാവേണ്ടത് ഹൃദയം ഈ ഹൃദയത്തിൻ്റെ സ്വഭാവം അള്ളാഹുവിനെക്കുറിച്ചുള്ള യാതൊരു അറിവും എത്തുംപിടയും കിട്ടാത്ത ഹൃദയത്തിൻ്റെ സ്വഭാവം എൻ്റെ ശരീരത്തെ ഞാൻ ഒരിക്കലും ഇവിടെ ആക്ഷി ഒഴിവാക്കുന്നില്ല ഇന്നസല അമ്മാറത്തും ബിസ്സു ഈ നഫ്സ് അത് ദുഷ്പ്രേരകം തന്നെയാണ് അത് ചീത്ത കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചു അതിലേക്ക് ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുക കാരണം ആ ഹൃദയത്തിൻ്റെ സ്വഭാവം ജഹില് വിവരമില്ലായ്മ അതിൻ്റെ ഒരു സ്ഥിരമായ ഗുണമാണ് സ്വഭാവമാണ് അജ്ഞത വിവരമില്ലായ്മ റളബ് ദേഷ്യം കിബിറ് അഹങ്കാരം ഹസദ് അസൂയ ഹെക്കത് പോര് ഇങ്ങനെ തുടങ്ങിയ മുഴുവ മലീമസമായ ആ ദുർഗുണങ്ങളും അവിടെ അടഞ്ഞുകൂടിയിരിക്കുകയാണ് ആ ഹൃദയത്തിൽ ആ ഹൃദയത്തിൽ നിന്നാണ് ഈ ദുസ്വഭാവങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടത് ഈ ദുസ്വഭാവങ്ങൾ ആ ഹൃദയത്തിൽ നിന്ന് കുടിയൊഴിച്ചു പോകണം കുടിയൊഴിച്ചു പോകണമെങ്കിൽ അഹങ്കാരത്തിൻ്റെ സ്ഥാനത്ത് വിനയം വരണം ഞാൻ ഏറ്റവും വലിയവനാണ് എന്നൊരു ചിന്ത അവൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ ആ കിബർ ആ സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ അവിടെ വിനയം കടന്നു വരും വീട്ടിൽ നിന്ന് ആളുകളൊക്കെ എന്നേക്കാൾ ഉത്തമന്മാരാണ് എന്നൊരു ബോധം അവനിലുണ്ടാകും ഈ ഇരിക്കുന്നവരെല്ലാം എന്നെക്കാൾ ഉത്തമന്മാരാണ് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളും ആണ് എന്ന ഒരു ചിന്ത ഈ ഹൃദയത്തിൽ ആ ഹൃദയത്തിൽ നിന്ന് കിബിർ അഹങ്കാരം വിട്ടുപോയാൽ അസൂയ വിട്ടുപോകണം കൃപ ദയാ സ്നേഹം തുടങ്ങിയ ഉത്കൃഷ്ട ഗുണങ്ങൾ അവിടെ സ്ഥിരം പിടിക്കണം അസൂയയും വൈരാഗ്യവും ശത്രുതയും ഒക്കെ അവിടെ നിന്ന് കുടിച്ചു പോ കുടിയൊഴിച്ചു അപ്പോൾ ആ സ്റ്റേജ് ഹൃദയത്തിന്റെ പ്രഥമ സ്റ്റേജ് അമ്മാറത്ത അമ്മാറത്തും ബിസുവ ദുഷ്പ്രേരകമാണ് ആ ദുഷ്പ്രേരക മനസ്സിൽ ഈ മാനിൻ്റെ അംശം കടന്നു വരുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ ഹൃദയം ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങും ഒരു കരിക്കട്ടയിൽ ഒരു തീ കണൽച്ച് ഒരു പൊരി ചാടിയാൽ ആ തീക്കട്ട അത് വന്നു ചേരുന്ന ആ കരിക്കട്ടയുണ്ടല്ലോ കരിക്കട്ട വികസിച്ച് വികസിച്ച് അത് മുഴുവനും കൂടി അത് തീയായി മാറും പ്രകാശിക്കും അതാണ് നേരത്തെ പറഞ്ഞും ഈ ഉപദേശങ്ങൾ ഈ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ശരി അത്താണ് ആ ശരി അത് ശരിയായി ജീവിതത്തിൽ അവൻ നിലനിർത്താൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മാലിന്യങ്ങൾ ഒഴിഞ്ഞു പോകും ആ മാലിന്യങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോൾ ആ ഹൃദയത്തിലേക്ക് ഈ മാനിന്റെ അംശം കടന്നു വരും വഹുദൻ അത് പ്രകാശമാണ് ഇലാഹിയായ അള്ളാഹു നൂറ് ആ പ്രകാശമാണ് ആ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് അതവന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ് സമറത്താണ് നത്തീജയാണ് ഈ ശരീരത്തിലൂടെ എന്ന് പറയുന്ന പ്രവർത്തനം മുജാഹദ ആ മുജാഹദ നടത്തുമ്പോൾ അവന്റെ ഹൃദയത്തിന് കൈവരുന്ന ഒരു സമറത്ത് അതിന്റെ ഫലം ആണ് ഈ ഹുദ എന്ന് പറയുന്നത് മാർഗദർശന ഹുദ അതാണ് ഹക്കീക്കത്ത് അപ്പോൾ ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും പൂർത്തീകരണമാണ് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരിക്കലും അതിനെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല ഈ കാര്യം മനസ്സിലാക്കേണ്ടത് പ്രത്യേകമായി ഇവിടെ ചില ആളുകൾ ഞങ്ങൾ ബാത്തിൻറെ അഹിലുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ഞങ്ങൾ ബാത്തിൻറെ അഹിലുകാരാ ഖുർആാൻ ബാത്തിനും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ബാത്തിൻറെ അഹിലുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ നടക്കും എന്ത് ബാത്തിൻ ഞങ്ങൾ ബാത്തിൻ്റെ ആളുകളെ ഞങ്ങൾ ആന്തരികമായി അള്ളാഹുലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ബാഹ്യമായ ഈ പ്രവർത്തനങ്ങൾക്കൊന്നും വലിയ സ്ഥാനവും അത് ഞങ്ങൾക്കുള്ള ശരീരത്തിനെ തരം ശരിയത്തുർ റഹ്മാൻ ആ ശരിയത്തു റഹ്മാൻ അതിവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമുക്കിവിടെ എന്താണ് ഒരു അമ്നുള്ളത് നാം സഞ്ചരിക്കുന്ന ഈ വഴി ശരിയാണ് എന്നതിനൊരമന് ഒരു വിശ്വാസം വേണ്ടേ ഇതിലൂടെ അങ്ങ് നടന്നു പോയാൽ ആ ഉദ്ദേശ സ്ഥാനത്തെത്തും എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഏതാ ഇത് ശരീരത്തല്ലാതെ മറ്റെന്താ ശരീരത്തിലൂടെ സഞ്ചരിച്ചാലല്ലേ ആ അമ്മുണ്ടാവുകയുള്ളൂ അള്ളാഹു നൽകിയ അമാനത്തല്ലേ അത് ആ ശരീരത്ത് അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ നിർവചനം റസൂർന്റെ പാത അന്വേഷിച്ച് കണ്ടെത്തി പ്രവർത്തിക്കുക അത് സ്വഹാബത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം ബഹുമാനപ്പെട്ട ഞാനൊരു തസഫുവിന്റെ കിതാബിൽ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ രക്ഷബന്ധി ഈ അല്ലഫു അലിഫിന് എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് അതിൽ ബഹുമാനപ്പെട്ടവർ ഈ പറഞ്ഞ ആ ബെയ്ത്തിന്റെ അതിന്റെ വിവരിച്ചു കൊണ്ട് പറയുന്നത് ആ ശരി അഹ്വാലാണ് ജീവിത രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വ്യാഖ്യാനിക്കുന്നത് എന്താണെന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹൽ അള്ളാഹു തല ഇവിടെ തിന്നിട്ടില്ല അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹു തല കാരണം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അത് റസൂലുള്ള എങ്ങനെയാണ് ഭക്ഷിച്ചത് എന്ന് എന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് അപ്പൊ റസൂലുല്ലാൻ ഉള്ള ഇത്തിവാൾ സൂക്ഷ്മത സലഫുസ് ജീവിത നാം മനസ്സിലാക്കണം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതിലേക്ക് റസൂൽ ക്ഷണിച്ചു അതിഥിയായി അനസർ അലി അള്ളാഹു എന്നുമാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് ഞാനും റസൂൽ കൂടെ പോയി അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ ആഹാരം റസൂൽ മുമ്പിൽ കൊണ്ടുവന്നു കുറിച്ചു എന്താ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു പത്തിരി അതുപോലെ കറി കറി പാകം ചെയ്തിരിക്കുന്നത് ദുബാവും കതീതും കൂട്ടിച്ചേർത്ത് ഉണക്കമാംസവും ചെരങ്ങയും കൂട്ടി ഉണ്ടാക്കിയ ഒരു കറിയാണ് ഇത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തപ്പോൾ ഈ കറിയിൽ നിന്ന് ചിരങ്ങയുടെ കഷ്ണം മാത്രം പ്രത്യേകം തെരഞ്ഞു പിടിച്ചു കൊണ്ട് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു ചിരങ്ങ ഇഷ്ടപ്പെടാൻ പറഞ്ഞ കാരണം എന്താ റസൂൽ ആ ചിരങ്ങയുടെ കഷ്ണം പ്രത്യേകം തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു എന്നാ അതാണ് ചിരങ്ങ ഇഷ്ടപ്പെട്ടത് അപ്പോൾ റസൂൽ ജീവിത രീതി അത് ഈ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ രീതി പരിശോധിച്ച് കണ്ടെത്തി അതനുസരിച്ചു കൊണ്ട് ജീവിക്കുക ഈ ഹദീസ് ബഹുമാനപ്പെട്ട അനഫി പണ്ഡിതനായ ഇമാം അബൂ യൂസുഫ് റഹമുല്ല തന്റെ ശിഷ്യന്മാർക്ക് വിരിച്ചു കൊടുത്തു റസൂറു ചരങ്ക ഇഷ്ടമായിരുന്നു എന്ന് അനസ് അലി അള്ളാഹു നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടത്തിൽ നിന്ന് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു ലാബു ദുബാ എനിക്ക് ചരങ്ങ ഇഷ്ടമില്ല എനിക്ക് ചരങ്ങ ഇഷ്ടമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് റസൂല്ലോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഈ സുന്നത്തിനോടുള്ള നേരെ ഒരു എതിർപ്പോ അദ്ദേഹം പ്രകടിപ്പിച്ചതല്ല അയാളുടെ സ്ഥിരത്ത് അയാളുടെ സ്വഭാവം വിവരിച്ചതാ പലരും പലതും ഇഷ്ടപ്പെടും ചിലത് ഇഷ്ടപ്പെടൂല്ല അങ്ങനെയുണ്ടല്ലോ ആ സ്വഭാവം ആ കുട്ടി പറഞ്ഞത് മാറി എന്നാണ് മുഖമാറ വ്യത്യാസപ്പെട്ടു പോയി മുഖമാകെട്ടു പറഞ്ഞത് എന്താ നിന്റെ ഈ മാൻക്കണം കെലിമ തുതുക്കണം ഞാൻ ചെറങ്ങ ഇഷ്ടമായിരുന്നു എന്ന് അനസ്രാഹുവിന്റെ ഉദ്ധരിക്കുന്ന ഹദീസ് ഉദ്ധരിക്കുമ്പോൾ എനിക്ക് ചിരങ്ങ ഇഷ്ടമില്ല എന്ന് നേരെ പറഞ്ഞപ്പോൾ അത് ഇസ്ലാമിൽ നിന്നുള്ള വ്യതിചലനത്തിന് കാരണമാണ് ഇസ്ലാമിൽ നിന്നുള്ള വ്യതിചനം ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് ഇല്ലെങ്കിൽ നിന്നോള നിന്നിപ്പോൾ ഞാൻ വധിക്കും ഞാൻ കൊല്ലും എന്നാണ് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ റസൂൽ ചരിയുള്ള ഇത്തിബ സ്വഭാവം സലഫുലിഹിങറെ സ്വഭാവം ആ മഹത്തായ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് നാം ആ ശരി അത് ആ മൗർ മുറുകെ പിടിച്ചുകൊണ്ട് ശരീരത്ത് മുറുക പിടിച്ചുകൊണ്ട് ആ തുരീക്കത്ത് നേരത്തെ വന്യരായ നമ്മുടെ സയ്യിദ് ആ അവൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞുകൊള്ള ഒരു ഷെയ്ഖ് ആ ഷെയ്ഖിനെ കണ്ടെത്തുക അതാണ് ഇന്ന് പ്രയാസകരമായി മാറുന്നത് കാരണം ആ ഷെയ്ഖിലൂടെയാണ് അതിലൂടെയാണ് മനുഷ്യൻ പരിവർത്തനം ഉണ്ടാകുന്നത് അള്ളാഹുബിന്റെ റസൂൽ ഹൂവല്ലും ബാഴ്സഫിക്കും അള്ളാഹുല നിങ്ങൾ നിന്ന് തന്നെ നിങ്ങൾ കേൾപ്പിച്ചു തന്നുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കും എന്നാ അവർക്ക് തെസ്കീയത്തിന്റെ ഇൽമ് പറഞ്ഞു കൊടുത്താൽ ഇൽമുള്ളവരാക്കി തീർക്കും എന്ന് മാത്രമല്ല അവരെ തെസ്കീയത്തിന്റെ ആളുകളാക്കി ഹാലത്തു തെസ്കീയത്തുണ്ടാക്കുന്നു എന്ന ുംസ്കിയും രണ്ടാ ഇസ്കിയുണ്ടായത് കൊണ്ട് ഹാലത്ത് ഉണ്ടാകൂല ആ പരിശുദ്ധാവസ്ഥ ഉണ്ടാകൂല കരസ്ഥമാക്കിയെന്നതുകൊണ്ട്യില്ല അത് രണ്ടും രണ്ടാണ് അപ്പോൾ അവരെ സ്വഹാബത്തിനെ ശരിയായ രീതിയിൽ തെസ്കീയത്ത് ചെയ്തുകൊണ്ടാണ് വളർത്തിയെടുത്തത് തെസ്കീയത്ത് അതിന്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ തക്കവയുള്ളവരാകണം നിങ്ങൾ തക്കവയുള്ളവരാകണം നിങ്ങൾ സാധിക്കുകൾ സച്ചരിതരായ ആളുകളോടുകൂടെ സുഹിബത്ത് ചെയ്തുകൊണ്ട് നീങ്ങുമ്പോൾ നിങ്ങളിൽ തക്കവയുണ്ടാകും ആ തക്കവ അത് ഹൃദയത്തിൽ കടന്നു പിടിക്കും അതിലൂടെ പരിശുദ്ധാവസ്ഥയിലേക്കെത്തും നബി കരീബിന്റെ സാന്നിധ്യത്തിൽ ഒരു ഗ്രാമീണന്ന് വന്നു ആ ഗ്രാമീണന്ന് വന്നിട്ട് നബി കരീം സല്ല അലൈവലമ തങ്ങളോട് പറഞ്ഞു നബിയെ ഞാൻ ഇപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വന്നതാ പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ താളുകളൊക്കെ പറയുന്നു ഈ എന്റെ അവസ്ഥ പറഞ്ഞാൽ എന്റെ അവസ്ഥ ഇതാ എനിക്ക് ഇവിടെ മദ്യപിക്കാതെ ജീവിക്കാൻ കഴിയില്ല വ്യഭിചരിക്കാതെ ജീവിക്കാൻ കഴിയില്ല കളവ് പറയാതെ ജീവിക്കാൻ കഴിയില്ല അതുപോലെ കളവ് നടത്തണം അങ്ങനെയുള്ളൊരു ജീവിത രീതിയാണ് എൻ്റെ ജീവിത രീതി എനിക്കിതെല്ലാം കൂടി സ്വീകരിച്ചു കൊണ്ട് അങ്ങയുടെ മാർഗം സ്വീകരിക്കാൻ പറ്റുകയില്ല ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഒഴിവാക്കി തന്നാൽ ഒരു കാര്യം മാത്രം നിർദ്ദേശിച്ച് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി തന്നാൽ ഞാൻ ഇസ്ലാമിൽ വരാം സ്വഭാവം കണ്ടോ അള്ളാഹുബിന്റെ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ പറയരുത് ഒരു മാത്രം അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് മറ്റത് കളവ് പറയരുത് എന്ന് മാത്രം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചുപോയി തിരിച്ചുപോയി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹപാഠികൾ കള്ളുകുടിയന്മാരൊക്കെ പല കാത്തു നിൽക്കുക സംഘം ചേർന്നുകൊണ്ട് കുടിക്കാനേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ആസ്വദിക്കാൻ കാത്തിരിക്കുക അയാൾ ക്ഷണിച്ചപ്പോൾ പറഞ്ഞു ചിന്തിച്ചു ഞാനിപ്പോൾ കള്ളു കുടിച്ചാൽ നബീ കരീബിൻ്റെ സാന്നിധ്യത്തിലെത്തുമ്പോൾ എന്നോട് നീ കള്ളു എന്ന് ചോദിച്ചാൽ ഞാൻ കളവ് പറയേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സുൽ ശിക്ഷ എടുക്കുമല്ലോ അദ്ദേഹം ചിന്തിച്ചു അതിൽ നിന്ന് പിന്മാറി അവരെ കൂട്ടത്തിൽ ചേർന്നില്ല കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ അത് ആ വേഷ്യാവൃത്തിക്ക് വേണ്ടി അദ്ദേഹത്തെ സഹപാഠികൾ ക്ഷണിക്കുമ്പോൾ അയാൾ ചിന്തിച്ചു ഞാനിവരുടെ കൂടെ കൂടിയാൽ അള്ളാഹുബിൻ റഷൂല്ല മുമ്പിൽ ചെന്ന് നീ വ്യഭിചരിച്ചോ കളവ് പറയേണ്ടി വരുമല്ലോ അയാൾ അതിൽ നിന്നും അങ്ങനെ ആ കൊള്ള അവരെ സമീപം അവരരികെ ചെല്ലുമ്പോൾ അവർ കൊള്ള സംഘം കവർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചിന്തിക്കുന്നത് ഇതിൽ ഞാനിപ്പോൾ എൻ്റെ പഴയ മെമ്പർഷിപ്പ് പുതുക്കി ഇവരുടെ കൂടെ തന്നെ കൂടുകയാണെങ്കിൽ അള്ളാഹുവിൻ റഷ്യന്റെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് അളവ് പറയേണ്ടി വരും അയാൾ അതിൽ നിന്നൊക്കെ പിന്മാറി നബി കരീബിന്റെ സാന്നിധ്യത്തിലേക്ക് പുഞ്ചിരിയോടുകൂടെ വന്നിട്ട് പറഞ്ഞു അവിടെ ഒന്ന് ചെയ്തത് വലിയ നല്ലൊരു കാര്യം എന്നോട് കളവ് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ എന്നാണ് പറഞ്ഞത് കളവ് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ സ്വീകരിച്ചു ഒരൊറ്റ കളവ് പറയരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഭയത്ത് നടത്തിയത് അപ്പോൾ അദ്ദേഹം എന്റെ മേൽ അടഞ്ഞുപോയി ആ ദോഷങ്ങരുടെ മുഴുവൻ കവാടങ്ങളും എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ തെർവീയത്തിന്റെ തെസ്വം ഇങ്ങനെ ഒരു പരിശുദ്ധാവസ്ഥയിലേക്ക് നമ്മെ നയിക്കാൻ ഒരു ഷെയ്ഖ് നമുക്ക് അനിവാര്യമാണ് പക്ഷേ ആ ഷെയ്ഖിനെ ഇന്ന് കണ്ടെത്താൻ പ്രയാസ കണ്ടെത്താൻ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അതിക്കാലത്ത് വലിയ പ്രയാസമാണ് എന്ന് ഇക്കാലത്ത് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ അത് വലിയ പ്രയാസമാണ് എന്ന് മാഹുമാനപ്പെട്ട സയ്യിദ് ഇമാം ജുനൈദീറു പറയുന്നത് എന്താണെന്ന് അറിയോ നമ്മുടെ ഈ ത്വരീക്കത്താകുന്ന നമ്മുടെ ഈ മാർഗമുണ്ടല്ലോ അത് അള്ളാഹുവിന്റെ കിതാബും റസൂലുന്റെ സുന്നത്തും അതുകൊണ്ട് ചങ്ങലക്കിടപെട്ടതാണ് അതുകൊണ്ട് ചങ്ങലക്കിടപ്പെട്ടതാ ബന്ധിക്കപ്പെട്ടതാണ് അതാണ് നമ്മുടെ ഈ മാർഗം നമ്മുടെ ഈ മാർഗം പറഞ്ഞു എല്ലാം ജനങ്ങളിൽ അടഞ്ഞു പോയിരിക്കുന്നു എല്ലാ വഴികളും പക്ഷേ ആ തുറുക്കുകളൊക്കെ അടഞ്ഞുപോയത് ആർക്കാണെന്നറിയോ ഇല്ല പിന്തുടർന്ന് പോകാത്തവർക്കൊക്കെ അടഞ്ഞു പോയിരിക്കുന്നു അവർക്ക് തുറക്കൂല്ല മറിച്ച് ആളു അതിൽ നിന്ന് വ്യതിചലിക്കാതെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് എല്ലാം തന്നെ തുറന്നു പോയിട്ടുണ്ട് തുറക്കപ്പെടുന്നതാണ് അപ്പൊ അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഹൃദയത്തിന്റെ ഫസ്റ്റ് സ്റ്റേജായ അമ്മാറത്തിൽ നിന്ന് അതിലൂടെ അങ്ങനെ പതിവായി ആ ശരീരത്തിൻ്റെ ആ ശരീരത്തിൻ്റെ ആ സൽഗുണങ്ങള് അവൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാണല്ലോ കുറുകാൻ അതാണല്ലോ അള്ളാഹു പറഞ്ഞത് ആ ശരിയായ മാർഗം അവലംബിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഹൃദയം ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങും വികസിക്കാൻ തുടങ്ങും അപ്പോൾ ആ ഒന്നാം സ്റ്റേജിൽ നിന്ന് രണ്ടാം സ്റ്റേജിലേക്ക് കടന്നു വരും ലവ്വാമത്ത് എന്ന സ്വഭാവം ലവ്വാമുസിമു ബിൻ നവ്വാമ വിമർശക മനസ്സ് ഈമാനിന്റെ അംശം ഇങ്ങനെ കടന്നു വരുമ്പോ നമ്മുടെയൊക്കെ സ്വഭാമത എന്തെങ്കിലും ഒരു അപാകത ജീവിതത്തിൽ കണ്ടുപോയാൽ നമ്മുടെ ശരീരത്തെ നാം വിമർശിക്കുക നമ്മുടെ ശരീരത്തെ വിമർശിക്കുക വിമർശക മനസ്സായി മാറുകയാണ് ഈ വിമർശക മനസ്സായി മാറുമ്പോ അവനതാ ഈ വിമർശക മനസ്സിലും അമ്മാറത്തിന്റെ ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ട് ആ ചീത്ത സ്വഭാവങ്ങൾ പറ്റവിട്ടു പോയിട്ടില്ല ലവ്വാമത്ത് വിമർശക മനസ്സ് രണ്ടാം സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് പറ്റവിട്ടു പോകുന്നത് മുൽഹിമത്തിലേക്ക് വരുമ്പോൾ ഏകദേശമൊക്കെ വിട്ടുപോകും എന്ന് പറയുന്നേര മനസ്സ് അപ്പോൾ ദുഷ്പ്രേരക മനസ്സ് മാറി വിമർശക മനസ്സായി മാറി ആ വിമർശക മനസ്സിൽ നിന്ന് നന്മ പ്രേരക മനസ്സായി മാറണം നന്മ പ്രേരക മനസ്സായി മാറുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ അവന് ലഭിച്ചുകൊണ്ടിരിക്കും ഇമാനിന്റെ ആ നൂറ് ആ സമയത്ത് സൽക്കർമ്മങ്ങൾ എത്ര പ്രവർത്തിച്ചാലും അവന് മതി വരികയില്ല ആനന്ദം തീരുകയില്ല ഇമാ പറഞ്ഞതെന്താ നിങ്ങൾ നോക്കൂ റമലാനിൽ രണ്ട് ഹത്തും തീർക്കുന്ന ഇമാമുന ഷാഫി അലി അള്ളാഹു റമലാൻ അല്ലാത്ത കാലത്ത് ഒരു ഹത്തും എല്ലാ ദിവസവും ഓദി തീർക്കുന്ന ഇമാൻ ഷാഫിർ അലി അള്ളാഹുന് ീ വസു എന്റെ നെഞ്ചിൻ്റെയും എന്റെ പൂക്കിളിൻ്റെയും ഇടയിൽ മാരകമായ ഒമ്പത് രോഗങ്ങളുണ്ട് മാരകമായ ഒമ്പത് രോഗങ്ങൾ അതിൽ നിന്ന് ഒരു രോഗം തന്നെ കാത്തിര ഒരു രോഗം തന്നെ കാത്തിരാണ് മരിക്കാൻ കാരണമാണ് അങ്ങനെയുള്ള മാരകമായ ഒമ്പത് രോഗങ്ങൾ അതെല്ലാം ഒത്തുകൂടി ഐമാബുന ഷാഫി അലി അള്ളാഹു തലാണു അതിൻ്റെ ഇടയിൽ മറ്റ് ജോലി തിരക്കുകളും തസ്നീഫാത്തുകളും അങ്ങനെയുള്ളവ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാത്രി എല്ലാ ദിവസവും ഒരു ഹത്തും അതുപോലെ തന്നെ റവലാലിൽ രണ്ട് ഹത്തും ബോധ്യ തീർക്കുകയും ചെയ്യുമ്പോൾ ആ സ്വഭാവം നിങ്ങൾ കണ്ടില്ലേ മനസ്സ് മുൽഹിമത്തായി മാറി മുത്തമഇന്നത്തിലേക്ക് മാറുമ്പോൾ ക്ഷീണമില്ല ി ജീ ആ മനുഷ്യന്റെ പരമോന്നതമായ പദവി മനുഷ്യത്വത്തിന്റെ പരമോന്നതമായ പദവി മൃഗീയതയിൽ നിന്നും അവനെ ഉയർത്തിക്കൊണ്ടുവന്ന് മനുഷ്യത്വത്തിന്റെ ആ പദവികളിലേക്ക് അവനെ പടികൾ പടികളായി ഉയർത്തിക്കൊണ്ടുവന്ന് ഉന്നതമായ പദവിയിലെത്തുമ്പോൾ എന്താണ് ആ ഹൃദയത്തെ അഭിസംബോധന നടത്തുന്നത് ശാന്തിയാർന്ന ഹൃദയം ആ ഹൃദയത്തിൽ ഒരു ജീവിയെപ്പോലും ഉപദ്രവിക്കാൻ ആ ഹൃദയത്തിന് കഴിയില്ല ആ മനുഷ്യന് കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവൻ മുത്തമഇന്നത്തിന്റെ അവസ്ഥയിലേക്ക് ശാന്തിയാർന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുവോ എന്നവന് മനസ്സിലാക്കാം സെയ്ർ സുലൂഖ് എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ വളരെ വിശദമായി ഈ കാര്യങ്ങൾ പ്രതിപാദിച്ചു അവിടെ ഈ നെഫ്സ് മുത്തമഇന്ന ശാന്തിയാർന്ന മനസ്സ് അതിലേക്ക് മനുഷ്യൻ എത്തിയിട്ടുണ്ടോ എന്ന് അവന് മനസ്സിലാക്കാം കാരണം ശരയ്യായ തലീഫിന് യാതൊരു വ്യത്യാസം ആ ശരീരത്തിൽ നിന്നുണ്ടാകൂല ആ മനസ്സിൽ നിന്നുണ്ടാകൂല അത് തന്നെ ഒന്നാമത്തെ അടയാളം ഒന്നാമത്തെ അടയാളം അത് തന്നെയാണ് ശരീരത്തിൽ നിന്ന് യാതൊരു വ്യതിജലനവും അതാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർഹു തങ്ങൾ ജാമിയായിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അവിടെ ഉസ്താദ ജാമിയായിൽ ഞങ്ങൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അവിടെ ഉസ്താദായി കൊണ്ട് സേവനമനുഷ്ഠിക്കുകയാണ് ബഹുമാനപ്പെട്ടവർക്ക് രോഗം വന്ന സമയത്ത് രോഗിയാകുന്ന സമയത്ത് അദ്ദേഹത്തെ സഹപാഠികൾ ആ ഹമ്മാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൈപിടിച്ചുകൊണ്ട് താങ്ങിപ്പിടിച്ചുകൊണ്ട് ഹമ്മാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇടത്തേക്കാൾ ആ ആ വലത്തേക്കാൽ ആദ്യമായി അതിലേക്ക് പ്രവേശിപ്പിച്ചു വലത്തേക്കാൾ രോഗശൈലാണ് എഴുന്നേൽക്കാൻ കഴിയില്ല നടക്കാൻ കഴിയില്ല ഹാദിമീങ്ങൾ എടുത്തുകൊണ്ടുപോകുകയാണ് ആ സമയത്ത് വലത്തേക്കാൾ ആ ഹമ്മാമിലേക്ക് അങ്ങോട്ട് പ്രവേശലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുമ്പോ ബഹുമാനപ്പെട്ടവരെ പിന്നിലേ കൊണ്ടുവരാൻ പറഞ്ഞു മടക്കാൻ പറഞ്ഞു അങ്ങനെ വലത്തേക്കാൾ അങ്ങനെ പ്രവേശിപ്പിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ടവരെ ഇടത്തേക്കാൾ ആദ്യമായി അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ ആ കട പ്രവേശിപ്പിച്ച കാലിങ്ങോട്ട് എടുത്തു വെക്കാൻ പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ ശരീരത്ത് അണിവളവ് ജീവിതത്തിൽ വരുന്നത് കാത്തുസൂക്ഷിച്ചു കൊണ്ടുള്ള യുടെ ജീവിതം നിങ്ങൾ കണ്ടില്ലേ ആ മഹത്തായേക്ക് മനുഷ്യൻ കടന്നു വരണം അതാണ് ഈ ചിന്ത അത് ആ പ്രവർത്തനത്തിലൂടെ എന്നാണ് റസൂല പറഞ്ഞത് ആ തെബൂക്ക് യുദ്ധം കഴിഞ്ഞു വരുമ്പോ റസൂല പോരാട്ടം ആ ശത്രുക്കളുമായുള്ള പോരാട്ടം കഴിഞ്ഞു വരുമ്പോ വെച്ചുകൊണ്ട് പറഞ്ഞതാണ് ആ ചെറിയ യുദ്ധത്തിൽ നാം വഴങ്ങി എങ്ങോട്ട് ജിഹാദുൽ അക്ബറിലേക്ക് ജിഹാദുൽ അക്ബർ എന്ന് പറയുന്നത് സ്വന്തം നെഫ്സിനോടുള്ള പോരാട്ടമാണ് പിശാചിനോടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം നടത്തി ഇന്ന് യുവ തലമുറയെ ആകമാനം ലോകത്തെ ആകമാനം മലീമസമാക്കിയിട്ടുള്ളത് അഹങ്കാരം വൈരാഗ്യം ശത്രുത ഇങ്ങനെയുള്ള ഈ ദുർഗുണങ്ങളാണ് ഈ മലീമസമായ ഈ അന്തരീക്ഷം ഈ ചുറ്റുപാടിൽ ആ അവസ്ഥയിൽ നിന്ന് സമൂഹം മാറേണ്ടതുണ്ട് സമൂഹം മാറി അള്ളാഹുലേക്ക് മടങ്ങണം അള്ളാഹുവിംഗിലേക്കുള്ള യാത്ര കൊണ്ടുള്ള യാത്രാണ് ആ യാത്ര എന്ന് പറയുന്ന സ്ഥാനത്താണുള്ളത് എന്നിട്ട് ആ ജീവിതത്തിൽ അനുഭവിച്ച മുഴുവൻ അനുഭവങ്ങളും അദ്ദേഹം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം തൻ്റെ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുക്കണം അതിന് കഴിവുള്ള അതിന് മാത്രം അറിവ് നേടിയ ആ കാമ്പിലായ ഒരു വ്യക്തി ആയിരിക്കണം അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്താൻ നമുക്കിന്ന് വളരെയധികം പ്രയാസമാണ് നാം ഒന്ന് ആലോചിക്കണം ഇവിടെ എത്രമാത്രം ഈ ശരീരത്തും ഈ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്ന സമറത്താണ് കാരണം ആ ശരീരത്തിലൂടെ സഞ്ചരിക്കണം ആ ശരീരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ പഠിക്കണം അറിവ് എന്നിട്ട് അതുകൊണ്ട് അമൽ ചെയ്യണം അമൽ ചെയ്യുമ്പോ അല്ലാഹു അവൻ അറിയാത്തത് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു അതാണ് ശരിയായ ഹക്കീക്കത്ത് എന്ന് പറയുന്നത് അതുണ്ടാവും എന്ന ഈ മൂന്ന് വസ്തുക്കളും പരസ്പരം ഒന്നൊന്നിനെ പൂർത്തീകരിക്കുന്നതും പരസ്പരം ബന്ധപ്പെട്ട് കൊണ്ട് കിടക്കുന്നതുമാണ് അകറ്റി നിർത്താൻ സാധിക്കുകയില്ല ം ശ്രദ്ധിക്കേണ്ടതാ അപ്പോൾ അവൻ രണ്ടാമത്തേതിൽ പ്രവേശിച്ചവനാവും അവൻ ചെന്നു ചേരും ഇവക്കിടയിൽ യാതൊരു വൈരുദ്ധ്യവും എതിരും ഒന്നും ഇല്ല പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നൊന്നിന്റെ പൂർത്തീകരണമായി കൊണ്ടാണ് നിലകൊള്ളുന്നത് എന്താ കാരണം അറിയോ അതുകൊണ്ടാണ് സൂഫിയത്ത് പറഞ്ഞത് എതിരായി നിൽക്കുന്ന സൂഫിയത്തുണ്ടല്ലോ ഹക്കീക്കത്ത് ഞങ്ങൾ ബാത്തിന്റെ അഹലുകാരാണെന്ന് പറയുന്നത് അത് ഇസ്ലാമിൽ നിന്നുള്ള വ്യതിചലനമാണ് സന്തക്കത്താണ് വ്യതിചനമാണ് എന്നാണ് അയിമ്പത്തി രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇമാം ഇമാം ബഹുമാനപ്പെട്ട സൂഫി സൂഫിയാക്കരുടെ നേതാവായ അഹമ്മദ് നിയമങ്ങൾ അതാ ഫിഖിന്നല്ലാതെ മനസ്സിലാവൂല മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു മാത്രമല്ല ഈ തസൂ നിങ്ങൾ കണ്ടില്ലേ ഇത് എന്താ പഠിപ്പിക്കുന്നത് ആലോചിക്കേണ്ടതുണ്ട് ഫിഖ് അള്ളാഹുവിലേക്ക് മുന്നിടാനല്ലേ പഠിപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് ആ പരിശുദ്ധാവസ്ഥ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി നിക്ക എന്താ ഇവിടെ പഠിപ്പിക്കുന്നത് അതാബു ശരീരത്ത് ഉളുവിന്റെയും കുളിയുടെയും നജസിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിന്റെയും അക്കാമുകളൊക്കെ വിവരിച്ചുകൊണ്ട് അവിടെ മതിയാക്കുകയല്ല അത് നിസ്കാരത്തിന്റെ കാമിരായ രൂപം ഹുഷോ എല്ലാം വിവരിച്ചു കൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ കണ്ടില്ലേ ആ അവസ്ഥ ഉണ്ടായിത്തീരണം അപ്പോൾ എന്തുണ്ടാവുന്നു എന്നറിയുമോ വലാഹുമാ ഫുല്ലാതെ രണ്ടും ഇല്ല അപ്പോൾ എന്താ ഇതിൽ ഒന്നില്ലാതെ മറ്റൊന്നും നിലനിൽക്കുകയില്ല അജിസ് നിലനിൽക്കണമെങ്കിൽ അജിസാമിവിടെ വേണ്ടേ ജിസ്മ ഇല്ലാതെ അറുവാഹില്ലല്ലോ അതുപോലെ തന്നെ ഈ അറുവാഹോ ഈ ജസദിലാണ് നിൽക്കുന്നതും അപ്പൊ ജസദില്ലാതെ അറുവാഹിൽ നിൽക്കാൻ കഴിയില്ല ഈ അറുവാഹില്ലാതെ ജസ്തുമില്ല ഈ കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഹയാൽ ഇവിടെ ഈ റോഹ് ഈ ജസദിൽ നിലനിൽക്കേണ്ടതുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഫഹം എന്നാണ് പറഞ്ഞത് ഫഹം ഇത് എഴുതിയിട്ട് വളരെ ആലോചിക്കണം ഈ കാര്യം അതുകൊണ്ട് ഈ കാലത്ത് ഈ ഈ കാര്യം ഇവിടെയുള്ള ആ നവീനത്തെക്കത്തുകാരും നവീന പ്രസ്ഥാനത്തിന്റെ ആളുകളും വളരെ വ്യക്തമായി മനസ്സിലാക്കി സമസ്ത കേരള ജമിയ തുലമായ ഈ മഹത്തായ മാർഗം സമസ്തയുടെ വ്യക്തതമാക്കിയിട്ടുണ്ട് നവീന തെരീക്കത്തുകാരുടെ അവസ്ഥകളും അതിൻ്റെ പഴശ്ശ മാർഗങ്ങളും എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജമിയ തുലമാ വളരെ വ്യക്തതമായി തീരുമാനം ജനസദ്യത്തിൽ ജനമധ്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമസ്ത കേരളയോട് പിൻപറ്റിക്കൊണ്ട് മുന്നോട്ടു പോവുകയാണ് ഈ സന്ദർഭത്തിൽ നാം വേണ്ടത് അതാണ് സത്യസാക്ഷ്യം അതാണ് സത്യസാക്ഷ്യം അപ്പോഴേ സത്യസാക്ഷ്യത്തിന്റെ ആളുകളായി നാം മാറുകയുള്ളൂ എന്ന് മരണ സമയത്ത് അള്ളാഹുവിംഗല്ല ആ വിളി ആ നിർദ്ദേശം നമുക്ക് ലഭിക്കണം അതിന് അല്ലാഹു തോഫിക്ക് നൽകട്ടെ നമുക്കെല്ലാം ശരീരത്തിൻ്റെ ആ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ട് സമസ്ത കേരള ജമീയ തുലമായയുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദീർഘനാൾ ഇനിയും പ്രവർത്തിക്കുവാൻ നമ്മുടെ സദാത്തുക്കൾക്കും നേതാക്കൾക്കുമൊക്കെ അള്ളാഹു തോഫിക്കും അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു തരട്ടെ അനിൽ ഹാഹിറബുല സെഷനുകളിൽ എല്ലാവരും സമയനിഷ്ഠ കൃത്യമായി പാലിച്ചതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം ആരംഭിക്കുകയാണ് ഇഷാ നമസ്കാരാനന്തരം